സ്ത്രീകളോടും പുത്രന്മാരോടും സ്വർണത്തിൻറെയും വെള്ളിയുടെയും വലിയ നിക്ഷേപങ്ങളോടും അടയാളപ്പെടുത്തിയ കുതിരകളോടും കന്നുകാലികളോടും കൃഷിയോടുമുള്ള മോഹം മനുഷ്യർക്ക് മോഹിപ്പിക്കുന്നതായി തീർക്കപ്പെട്ടിരിക്കുന്നു അത് ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളാണ് എന്നാൽ അള്ളാഹു സുഹാനുഭവത്തായാലായുടെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്ക